ഗ്രാമീണർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു പറയുക നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല പകരം നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുക വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചിട്ടില്ല നിങ്ങൾ അള്ളാഹുസുബാനുഹുബത്തായാലയെയും അവന്റെ ദൂതനെയും അനുസരിച്ചാൽ നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്നു ഒന്നും അവൻ കുറയ്ക്കില്ല തീർച്ചയായും അള്ളാഹുസുബാനുഹുബത്തായാല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്